ശ്യമാവത്രലോചനുഷ്ഭരണു പ്രവാളവൈഡൂര്യവർച്ച പരിസ്ഥുരകുണ്ടാരി ശ്രീയത്യൂപായ പാദയോ കരുതിമാഹരമാനായും സത്വദാംബദ്യം ശ്രിയപ്പതി യജ്ഞപതിഗത്പതിയും സ്തുനന്ദനന്ദപ്രബലാഹൃണാതിരി പ്രത്യപ്രസാദിമുഖം ദൃഗാസവം പ്രസന്ന ഹാസാരുണ ലോചനാനം േമോനാമുഹംസേനം ൂടയോഗി വരം വരെ ഭദ്രന്മാരിശ്രാവസോമർശനാവതി മനീഷിതോയം മമലോകാവലോകനം യുപശ്രീ ചകർപരമം പ്രത്യാദൃഷ്ടം തപോമി ഹൃദയം സാക്ഷാത്മാഹം തപസോന സജാമി തപസൈ വേദം ഗൃസാമി തപസാ തപസാ വീര്യുഷ്ട്രീബ്രഹ്മജം ഭഗവത്സഭൂതോപിതോ ഗുളവേദ പ്രതിലുദ്ധേന പ്രജ്ഞാനം തധാഥായ പരാവരേതാരേ ജാനീയം യഥാത്മമായാശക്തിമൃതം വിലുബൻ വിസജൻ ഗൃഹൻ ബിഭ്രദാത്മാനമാത്മന കൃഡസ മോഹസങ്കൽപ്പുണതാ തധാദ് വിഷയാം േഹമാന പ്രജാസർഗം വ്യധ്യേംസഖാ സഖ്യുരിസർഗേ വിഭജാമി ഭൂജലം അവിക്ലവസ്തൈ പരികർമ്മ സ്ഥിരോ മാമേ സമുന ജ്ഞാനം പരമ ഗുഹ്യം മേ യത് വിജ്ഞാനമന്വിതം സരഹസ്യം തടങ്കിണഗിരം മയ യാവാഹം യഥാഭാവോ യൂപഗുണകർമ്മം തദൈ തത്വവിജ്ഞാനം അസ്തു മൂമേവാസമേവഗ്രേ നസൽപരം പശ്ചാത്തം യ യോഗശിഷ്യേത സോസ്മ്യം ഹൃദയർം യീയത നീയേതചാത്മനി തദ്ത്മനോ മായാസോ യഥാമ യഥാഹ്തിഭൂതാവനു പ്രവിഷ്യ പ്രവിഷ്ടം യതേവ ജിജ്ഞാസം തൊട്ടജിജ്ഞാസുനാത്മന അന്വേ വ്യതിരേകം സമാധിഷ്ട പരമേണ സമാധിന ഭവൻ കല്പവികല്പേഷു മുഹ്യധികംബലം പശ്യതന്തിരിവം പ്രജാവം ആദൃഠ സ്വാർത്ഥകം നാരദ പ്രിയതമോനു ശുശ്രൂഷമാണശീന പ്രശ്രേണേ പ്രശ്രേണേണ മാം വിധുഷൻ വിഷ്ണോ മയേശസ് മഹാമനി മഹാ ൂരാൻ പരിതോഷയം തുഷ്ടം ദിശാ ലോകാമേശ്രീ പരിഭപ്രീത പുത്രായ ബ്രഹ്മപരമം വ്യസായോ വൈരാജ്യം യഥാസൈതാഖ്യം അത്ര സർഗോ വിസർഗ്ഷ സ്ഥാനം പോഷണം ഊദയ മന്യന്തിരേശാന് കഥാ നിരോധോ മുക്തിരാശ്രയ ദശമസുദ്ധം ഇഹ ലക്ഷണം വർണ്ണയ മഹാത്മാന ശ്രുതേന ഭൂതമാത്രേന്ദിരിയധിയം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യസർഗരുഷ സ്മൃത സ്ഥിതിവൈകുണ്ഠ വിജയ പോഷൺ തദനുഗ്രഹ മന്യന്തരാണ് സധർമ കർമ്മവാസന अवताराचरीत हरेश्चा सेवर्ति सदमी सकथ से प्रोक्ता നിരോധോക്തിർത്യഥാരൂപം സ്വപ്ന വ്യവസ്ഥിരി ആഭാസശ്ചാ യഥാധ്യത ശബ്ദത്തെ യോധ്യത്മകോയം പുരുഷോസ്വോസാവേവാധിവികോഭയ വിച്ഛേദ പുരുഷോഹ്യാതിഭൗതിക ഏകമേകതരാേ യഥാഭാമഹേ ത്രിതയം തത്രയോ വേദ സ ആത്മാശ്രയാശ്രയാ പുരുഷോണ്ഡം വിനർഗ ആത്മനോയമോ ിരൺമയം ദിവോമാസൃജമതി പ്രോ യഥേകം പൗരുഷം വീര്യം അന്ധശരീര ആകാത് പുരുഷം യജ്ഞോ മഹാനസോ അനു പ്രാണന്ദീയം പ്രാണ പ്രാണന്ദംന്തുഷു അപാനന്ദംന്ദി നരദേവേ നക്ഷിഅ അന്തരാജ്യാ മുഖം നിരഭിത മുഖതസ്ഥിന് തത്രോപജാ ജിഹ്ഹയാഗമ്യത്തെ വിവക്ഷോർമുഖദോ ഭൂംനോ വന്യർവാഗ്യാഹൃദം തയോ ജലേ വൈ തചിരം നിരോധസ് സമജാത നസികെ നിരഭിത ദോധൂ യുഗന്ധവോ ഖ്രാണോക്ഷത निरा चिदृक्ष ज्योतिमा जिगृक्ष निरभदि गुणग्रह वस्तु मृदु काठि गूर्वष्ण शीतता तरह ൃികം പാദോയാശ്രയം നിരഭിം തോ മിത്ര ഉത്സർഗ ഉ യാം ഹൃദയം നിരഭി ചന്ദ്ര സങ്കൽപ്പംസരുചിസ്ഥ ഭൂമ്യത്തെ സപ്താണോ ഗുണാൽപകാരാണേ ഭഗവതം രേ ബഹിരാവൃതം അധ പരം സൂക്ഷ്മം അവ്യക്തം നിർവിശേഷണം അനദിമധ്യനിധനം അനദിമധ്യനിധനം നിത്യം വാഗ്മസ പരം അമൂനി ഭഗവൽപേ മയാ തേ അനുവർണി ഉഭേ അഭിനി മായാസൃഷ്ടേ വിഭശ്യത स वाच्यवाचकतया भगवान्ह्मरूप नामूपक्रिया धत्ते सकर्म कर्मक പ്രജാവതീന് മനൂൻ ദേവാൻഗണാൻ പൃഥക്സിദ്ധചാരൂഷ ഉന്മാൻ ഗിരീന്ദ്രീസൃ ചർണ്യ ജലസ്ഥലഭോ കുശലമിസ്രമണംജസ്തമുര നൃനാരകാക ർത്തിയന്മാരീയതോ അയം विदाह यहाँ सेग्रह यहाद्याद കല്പമോ ശൃണോ ശ്രീശൌണഗോവാച യഹനോ ഭൻ സൂദാക്ഷത് ഭാഗവതോത്ത ചാരീർ അനുഭവസ് തക് ബന്ധൂൻ കുറച്ചവേസ് തൃത യദ്വാ സ ഭഗവാൻ തസ്മേ പ്രശ്ന സ്വമുവാചൂണം സൗമ്യ വിധുരസേതം ബന്ധുത്യാഗനിമ ചഥൈ ആഗതന് ശരണം ശ്ലോകങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ സ്കന്ധാണ് ദ്വിതീയ സ്കന്ധം ഭാഗവത്തില് പക്ഷേ അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ഗൗരവം വെച്ച് നോക്കിയാൽ ഇത്രയും ഗൗരവമുള്ള ഒരു സ്കന്ധം വേറെയുണ്ടോ ഇൻ സംശയം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളും സാധാരണ ഉത്തരങ്ങളല്ല അതത് ചോദ്യം അഥ പൃഛച്ഛാമി സംം യോഗിന പരമം ഗുരും ഒന്നാമത്തെ ചോദ്യം സംസിദ്ധി എന്താ സംശദിച്ചാൽ മുക്തി മോക്ഷം എന്താ മാർഗം എന്നാണ് ചോദിച്ചത് മറുപടി നേരത്തെ ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞു അതാണ് രാജയോഗം അല്ലെങ്കിൽ ധ്യാനയോഗം ശരിക്കുക അതുകൊണ്ട് സദ്യോമുക്തി ക്രമമുക്തി എന്ന രണ്ടു തരത്തിലുള്ള മുക്തിയെപ്പറ്റി സവിസ്തരം ഒഴിവന്യസിച്ചു കഴിഞ്ഞു പിന്നീടുത്തെ ചോദ്യം എന്താ ഈ പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടായി ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം അതിനാണ് ദവ്യം കാലം കർമ്മം സ്വഭാവം ജീവൻ ഈശ്വരൻ എന്ന പ്രപഞ്ചഘടകങ്ങളെയും ബ്രഹ്മാവ് ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യങ്ങളോട് ചോദിച്ചു അത് പറഞ്ഞാൽ പറ്റില്ല ഈ പ്രപഞ്ചം ശരിക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് ഇപ്പോൾ ബ്രഹ്മാവ് ഉണ്ടായത് ബ്രഹ്മാവോട് തന്നെ ആലോചിച്ചു ചോദിക്കുക അച്ഛൻ തന്നെ ഇവിടെ ഇരിക്കുന്നല്ലോ അച്ഛനെവിടുന്നാണ് വന്നത് ഇവിടുന്ന് നമ്മളും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ എവിടുന്നാണ് വന്നത് ഏറ്റവും വലിയ ചോദ്യമാണിത് ഉത്തരം കാണാൻ വളരെ പ്രയാസമുള്ള ചോദ്യമാണ് ഞാൻ എവിടുന്നാ വന്നത് ആർക്കാ പറയാൻ കഴിയുക ഇതിനു മുമ്പ് എന്തായിരുന്നു ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു ഇനി ഞാൻ മരിച്ചാൽ പിന്നെ ഞാൻ ആരാവും നമ്മളെ വാസ്തവത്തിൽ കുറയ്ക്കുന്ന രണ്ട് ചോദ്യം ഞാൻ എവിടുന്നും നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല പക്ഷെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് ഈ മരണത്തെ നമ്മൾ വല്ലാതെ പേടിക്കുന്നുണ്ടല്ലേ മരണത്തെ പേടില്ലാത്ത ഒരാളുമില്ല എന്തിനാണ് മരണത്തെ പേടിക്കുന്നത് പേടിക്കുന്നത് മരിച്ചാൽ പിന്നെ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വേറ്റം അതറിഞ്ഞാലോ മരിച്ചാൽ ഇതിനേക്കാൾ നല്ല ലോകത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണെങ്കിലോ ഉറപ്പാണെങ്കിൽ പരമസുഖം പക്ഷേ ഉറപ്പാണെന്നാണ് ആചാര്യന്മാരൊക്കെ പറഞ്ഞത് ആരാചാര്യന്മാർ പോയവരാ രണ്ട് തരം ആചാര്യന്മാർ നോക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാത്ത ആചാര്യന്മാരുണ്ട് മറ്റത് അതെന്താണെന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകാതെ അവിടെ നിന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞ ആചാര്യന്മാരുണ്ട് ഇവരെയാണ് നമ്മൾ ആചാര്യന്മാരോ ഗുരുനാഥന്മാരോ എന്ന് പറയുക എത്രയോ ആളുകൾ ആ സച്ചിദാനന്ദ ലോകത്തിൽ ലയിച്ചു കഴിഞ്ഞു അവർ മടങ്ങി വന്നില്ല അപ്പോൾ വർത്തമാനം അവർക്ക് നമ്മോട് പറയാൻ അറിയില്ല പക്ഷേ ഉപനിഷത്തിലെ കൃഷിമാർ അങ്ങനല്ല അവർ കണ്ട കാര്യം തെളിച്ചു പറഞ്ഞു അവരെന്താ പറഞ്ഞേ വേദാഹമേദം പുരുഷം പുരാണം ആദിത്യവർണം തമസ പരസ്താൽ ഒരു സംശയവും വേണ്ട ഇതിനൊക്കെ അപ്പുറത്ത് ഒരു പുരുഷനുണ്ട് ആ പുരുഷനെ വേദാഹം ഞാൻ അറിയും ഞാൻ കണ്ടു എന്നാ നമുക്ക് വിശ്വസിച്ചാ പോരെ അത് വിശ്വസിക്കാൻ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അത് ശരിയാകുമോ ഈ ചിന്തയാണ് നമ്മളെ അലട്ടുന്നത് പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ വില യാതൊരു മാർഗവും ഇതിന്റെ കാരണം ആചാര്യം ഞാൻ കണ്ടവരാണ് അനുഭവിച്ചവരാണ് നമുക്ക് കാണാനുമുള്ള ശക്തിയില്ല അനുഭവിക്കാനുള്ള ഭാഗ്യവുമില്ല മനോനിയന്ത്രണം ഇതൊന്നും നമുക്ക് നേടിയില്ല അപ്പോൾ വേണ്ടത് ആചാര്യന്മാർ പറഞ്ഞത് വിശ്വസിക്കുക ആചാര്യ പരമ്പര തന്നെ ഇത് കണ്ട് അറിഞ്ഞ ആചാര്യന്മാർ പരമാനടുത്ത് പറഞ്ഞു വിവേ ശങ്കരാചാര്യസ്വാമികളെപ്പോലുള്ള ആൾ വിദ്യയുടെ അഹം വെച്ചുകൊണ്ടിരുന്നവരാണ് ഈ അഹം ഞാനെന്നോ ഭാവം എപ്പോൾ വേണമെങ്കിലും അതെ ഇല്ലാതാക്കാം പക്ഷേ ഇത് വെച്ചുകൊണ്ടിരുന്ന എന്തിനാ പറഞ്ഞ് മനസ്സിലാക്കാം നമ്മളെപ്പോലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അചാലശ്രമങ്ങൾ പറയും ഉപദേശ പരമ്പരയാവ അധിഗന്ത പ്രവചനമേധ ന ബഹുഷു തപോയ ആചാര്യസ്വാമികൾ അടിവര ഇട്ട് പറയും ഈശ്വരജ്ഞാനുണ്ടല്ലോ അത് ആചാര്യ ഉപദേശ പരമ്പരയ ഏവ അധിഗന്തവ്യം ആചാര്യന്മാരുടെ ഉപദേശ പരമ്പര തന്നെ കേൾക്കണം എന്നാ ഒരു ഉപദേശം പോലെ തത്വമസി അങ്ങ് കേട്ടാ പോലെ അല്ലേ അഹമാത്മാ ബ്രഹ്മ സർവംഖലിതം ബ്രഹ്മ ഇതൊക്കെ വലിയ വലിയ മഹാത്മ ജനങ്ങളാണ് ഇത് കേട്ടാൽ പോരെ കേട്ടാൽ മനസ്സിലാവില്ല നമുക്ക് തത്വമസി പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയോ അപ്പം കൊണ്ട് ഉപദേശ പരമ്പരയ ഏവ അധികം ഒരുപാടൊരു ഉപദേശം കേൾക്കണം എല്ലാ ആചാര്യന്മാരും പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ വേദാന്തത്തിൽ എല്ലാ ആചാര്യന്മാരും പറയുമ്പോഴും ഒന്നേ പറയുന്നുള്ളൂ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും ഉദാഹരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും പക്ഷേ തത്വത്തിന് വ്യത്യാസമില്ല കാരണം തത്വം ഉള്ളൂ അതെങ്ങനെ വ്യത്യാസം വരിക തത്വത്തിന് വ്യത്യാസം വരുന്നെങ്കിൽ ആ തത്വമല്ല തത്വം ശരിയായ ഭാവം സത്യം സത്യം ഒന്നേ ഉള്ളൂ അത് രണ്ട് സത്യം ഇന്നലത്തെ സത്യം നാളത്തെ സത്യം എന്നൊരു സത്യമില്ല ഒരൊറ്റ സത്യമേ ഉള്ളൂ അത് ഈശ്വരനാണ് ആ ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്നവരാണ് ആചാര്യന്മാർ പിന്നെ എന്തിനെ അവരിങ്ങനെ പലരൂപത്തിൽ പറയുന്നത് പല അപ്പം ഭാഗവതത്തിലായാലും രാമായണത്തിലായാലും ഉപനിഷത്തിലായാലും വേദത്തിലായാലും ഒരൊറ്റ വിഷയമേ പറഞ്ഞിട്ടുള്ളൂ ആരെ പറ്റിയ ബ്രഹ്മത്തെപ്പറ്റി മാത്രം അതിൻ്റെ വിശേഷണങ്ങളും വിവരണങ്ങളും അല്ലാതെ വേറൊന്നും അരിച്ചുപിറക്കി നോക്കിയാൽ ഒരു ഗ്രന്ഥത്തിലും കിട്ടില്ല അഥവാ അങ്ങനെയുള്ളതും കിട്ടിയാൽ അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ട അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുന്നത് എന്നാണെങ്കിൽ ദുർബോധത്വാൽ ആത്മവസ്തുര പുനഃ പുനഃപ്രസംഗം ആസാദ്യ തസ്തു ശബ്ദാന്തരേണ നിരൂപയതി ഭഗവാൻ വാസുദേവ ആചാര്യസ്വാമികൾ ഗീതാ ഭാഷ ദുർബോധത്വാൽ ആത്മവസ്തു ഈ ആത്മബോധം ഉണ്ടല്ലോ ഈ അറിവ് ദുർബോധമാണ് മനസ്സിലാക്കാൻ അവരുടെ പ്രയാസം അപ്പം മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു കാര്യത്തിൽ ആചാര്യൻ എങ്ങനെയാ പറഞ്ഞു തരിക പല രൂപത്തിൽ പല ഉദാഹരണങ്ങളെ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് പുലപ്പുലപ്രസംഗമാസാദ്യ വീണ്ടും വീണ്ടും അണുതല്ല പറയും എങ്ങനെ ശബ്ദാന്തരേണ നിരൂപയതി ഭഗവാൻ വാസുദേവ് ശബ്ദാന്തരേണ മറ്റൊരു രൂപത്തിൽ മറ്റുദാഹരണങ്ങളുടെ സഹായത്തോടു കൂടി ഇടതന്നെയാണ് വാസുദേവൻ പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നത് എന്ന് ആചാര്യസ്വാമികളും അപ്പൊ ഇവിടെ ചോദ്യം നമ്മൾ എങ്ങനെ വന്നു നമ്മൾ ആരാണെന്നാണ് സംശയം ഈ ചോദ്യം നമുക്കുണ്ടായതിൽ അത്ഭുതമില്ല ബ്രഹ്മാവിന് പോലും ഉണ്ടായി ഈ സംശയം എല്ലാം പറയുന്ന സർവജ്ഞനായ ബ്രഹ്മാവിന് വരെ ഈ സംശയം ഉണ്ടായി ആചാര്യൻ്റെ മുഖത്തു നിന്ന് കാര്യം മനസ്സിലാക്കിയപ്പോഴേ ബ്രഹ്മാവിൻ്റെ സംശയം തീർന്നുള്ളൂ ആചാര്യൻ ബ്രഹ്മാവ് ബോധം ബ്രഹ്മാവിൻ്റെ ബോധവത ഉണ്ടായി അതല്ല അപ്പം ഞാനിങ്ങനെ ഉണ്ടാകുന്ന തോന്നൽ ഉണ്ടായി ബ്രഹ്മാവിന് ഞാനുണ്ടെന്ന് തോന്നൽ വന്നപ്പോൾ നാലുപാട് നോക്കി അപ്പോൾ എനിക്കൊരു രൂപമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് താഴേക്ക് നോക്കി താഴേക്ക് നോക്കിയപ്പോൾ അതൊരു താമര ഐ ഞാൻ എവിടുന്ന് വന്നു ഈ താമരയിൽ സംശയമായി ബ്രഹ്മാവിന് പോലും ഞാൻ എവിടുന്ന് വന്നു എനിക്ക് സംശയമുണ്ടെങ്കിൽ ഈ ആത്മജ്ഞാനം ആത്മവിദ്യ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാകും ക്ഷുരസ്യധാരാ നിഷിതാ ദുരത്യ ദുർഗമ്പതൽ കവയോവതന്തി കഠോപനിഷ്ടത്തിൽ പറയും ക്ഷുരസ്യധാര നിഷിതാ ദുരത്യ വാളിൻ്റെ മോനെക്കൂടെ നടക്കുന്നത് പോലെ തൊട്ടാണ് ഈ ആത്മജ്ഞാനൊന്നെടുവാം കാരണം അല്പം ബാലൻസ് എത്തിയാൽ കാലും മുറിയുമുള്ള ഉറപ്പാണ് അതുപോലെ താഴേക്ക് വീഴുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ബ്രഹ്മാവിന് പോലും ഞാൻ എവിടുന്ന് വന്നു ഞാൻ ആരാണെന്ന് സംശയം തോന്നിയെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എത്ര ജന്മം ജനിച്ചാലും ഈ സംശയം മാറില്ല എന്ന് പറഞ്ഞാൽ അത് വല്ല അത്ഭുതത്തിന് അപ്പോൾ ആചാര്യന്മാരെ കണ്ണുമടച്ച് വിശ്വസിക്കലാണ് ഈ മാതിരി കാര്യങ്ങൾ ഇവിടെ ഭാഗവതം പറയുന്നത് അപ്പടി കണ്ട് വിശ്വസിച്ചോളാം കാരണം അറിഞ്ഞവരാണ് അനുഭവിച്ചവരാണ് പറഞ്ഞു തരുന്നത് അവരുടെ അനുഭവമാണ് ഏറ്റവും വലിയ സാക്ഷ്യം അപ്പോൾ ബ്രഹ്മാവ് ഞാൻ എവിടുന്ന് വന്നു അദ്ദേഹം ആലോചിച്ചു ഞാൻ എവിടുന്നു തോന്നുന്നു ഞാനല്ലേ കണ്ടുപിടിക്കേണ്ടത് ശ്രമിച്ചു നോക്കി കുറെ ശ്രമിച്ചു നോക്കി ആലോചിച്ച് നോക്കി എവിടുന്നാ വന്നത് ഒരു പിടി കിട്ടുന്നില്ല ഇതും മനുഷ്യനും ഇങ്ങനെ വേണം എന്നാ പറയാം നമ്മളും ലോകതത്വ വിചക്ഷണ സമുദ്ധരന് ആത്മാനം ആത്മനെയും ഭഗവാൻ ഉദ്ധവനോട് പറയുക ഉദ്ധവാ മനുജാലോകെ ലോകതത്വ വിചക്ഷണ ഈ മനുഷ്യനായിട്ട് ജനിച്ചതിൻ്റെ പ്രയോജനം ലോകതത്വം കണ്ടുപിടിക്കാനാണ് ഈ മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ് ബുദ്ധി ഈ ബുദ്ധി കൊണ്ട് കുറച്ച് പരിശ്രമിക്കുക തന്നെ വേണം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് ലോകതത്വ വിചക്ഷണന്മാരായിട്ട് ലോകത്തിൻ്റെ തത്വം മനസ്സിലാക്കിയല്ലോ തത്വം മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖത്തിന് അവകാശമേ ഇനി ഇവിടെ അനുസ്മരിച്ച് കിട്ടില്ലേ മരിച്ചാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം മരിക്കുന്നത് ഞാനല്ല എന്ന ബോധമുണ്ടെങ്കിൽ പിന്നെന്തു മരണം എൻ്റെ ദേഹത്തിനോ ഒരു വ്യത്യാസം വന്നു അതുകൊണ്ട് ഇല്ലാണ്ടായി എന്നല്ലാതെ വേറൊന്നുമില്ല ഞാനാര ഞാൻ ബോധം മാത്ര ബോധം ബോധം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒറ്റ വാക്യം അതാണ് ഈ ബോധത്തിനോ വാക്യം ഒരിക്കലും പ്ലൂറൽ ഇല്ല ബഹുവചനം ഇല്ല ദ വേൾഡ് കോൺഷ്യസ്നെസ് നോ പ്ലൂറൽ വാട്ട് അപ്പിയേഴ്സ് ആസ് പ്ലൂറാലിറ്റി ഈസ് ഓൺ ദ ഡിഫറൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വൺ ആൻഡ് ദ സെയിം തിങ് കോസ്ഡ് ബൈ ഡിസപ്ഷൻ ഓർ മായ ഒരു പാശ്ചാത്യ വേദാന്തിൽ അഭിപ്രായം എൻ്റെ എല്ലാം ദ വേൾഡ് കോൺഷ്യസ്നെസ് ഇസ് നോ പ്ലൂറൽ വാട്ട് അപ്പിയേഴ്സ് അസ് പ്ലൂറാലിറ്റി പലരെന്ന് തോന്നുന്നത് മായ കൊണ്ട് തോന്നുന്നതാണ് വാസ്തവത്തിൽ ഇതൊന്നേ ഉള്ളൂ ഇതാണ് ബോധം പക്ഷേ ഈ ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധത്തിനെത്താൻ കുറച്ച് പ്രയാസം അപ്പം എന്താ ചെയ്യുക ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന ബോധത്തോടു koodi, ഈശ്വരൻ അങ്ങ് തന്നെയാ വലുത് ഞാൻ അങ്ങേ ആരാധിക്കുക ഭക്തി പൂർവം ഈശ്വരയെ ആരാധിക്കും രണ്ടുതരം ഭക്തിയുണ്ട് ഒന്നിപ്പോൾ കുറെ നാമമൊക്കെ ജപിച്ചു മതി അവിടെ അത് മൂഢഭക്തി എന്നാണ് പറയുക അങ്ങനെയല്ല നേരെ ഈ ഈ ശങ്കരാചാര്യസ്വാമികളുടെ അദ്വൈതം നമുക്ക് പറ്റില്ല അപ്പം എന്താ വേണ്ടത് മേൽപ്പത്തൂർ സൂചിപ്പിക്കും ശരണമൈതിയ തസ്യമുക്തി കരാ ഗുരുവായൂരപ്പ അവിടെ നിന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ ഭജിക്കണം ഇതാ ഭക്തി ഭാഗവത്തിലെ ഭക്തി മുഴുവൻ ഈ ഭക്തിയാണ് കാരണം ഇവളേത് ഭക്തനങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിയാലും ഉപദേശത്തേ വരും ഉപനശല്ല ഒരു ഭക്തന്റെ സ്തുതി ഭാഗവത്തില് കുന്തിദേവി ഞാൻ സ്ത്രീയാണ് എനിക്കൊന്നും അറിയില്ല സ്തുതി അറിയാൻ പെയ്യാന്ന് പറഞ്ഞു കുന്തിദേവി തുടങ്ങുന്നെങ്ങനെ നമസ്ബിരസ്തു ഒന്നാന്തരം ഉപനഷഷത്തിലാണ് ഭാഗവത്തിലെ ഭക്തി ഉത്തമ ഭക്തിയാണെന്ന് പറയാൻ കാരണം അതൊരു മുഴുവൻ ബ്രഹ്മതത്വം അറിയാവുന്ന ഭക്തന്മാർ മാറി നിന്നിട്ട് ബ്രഹ്മതത്വം ആകാ ശീശുവിനെ പോലുള്ള ആളുകള് എനിക്ക് ബ്രഹ്മയിക്കാൻ താല്പര്യം ഇല്ല കേട്ടോ നേരെ മറിച്ച് അവിടുത്തെ ഈ മാറിൽ നിന്ന് ഭരിക്കുകയുണ്ടല്ലോ നമസ്കരിക്കുക സ്തുതിക്കുക നാമം ചൊല്ലുക അത് ഞാൻ ആനന്ദം കാണുക പക്ഷേ ബ്രഹ്മത്വം അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഭക്തിക്ക് വലിയ പ്രസക്തിയില്ല മധുസൂദന സരസ്വതി ഇതെടുത്തു പറയുന്നുണ്ട് ഈശ്വരൻ അന്നേ ഉള്ളൂ പക്ഷേ ഈശ്വരനൊന്ന ഞാനും ഈശ്വരൻ തന്നെയാണ് എന്നറിഞ്ഞിട്ട് മാറി നിന്ന് സ്തുതിക്കുകയുണ്ടല്ലോ അത് അദ്വൈതത്തെക്കാളി കേവമാണെന്നാണ് മസൂദന സലസ് പോലുള്ള അഭിപ്രായം ഇപ്പം ബ്രഹ്മാവിൽ ഒരു പ്രാർത്ഥന ഇതാണ് ഞാൻ എവിടെ നിന്ന് തോന്നും അല്ല ഇഷ്ടം അന്വേഷിച്ചു ഇതും ഈ വേദാന്തത്തിലെ അധ്യാത്മവിജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ് ഭഗവാൻ ആരാണെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കണം വെറുതെ കൈയും കിട്ടിയിരുന്നിട്ട് പോരാ അറിയാൻ ശ്രമിക്കണം പക്ഷേ ശ്രമിച്ചാലും നമുക്ക് പിടികിട്ടില്ല പിടി കിട്ടിയില്ലെങ്കിൽ ഭഗവാനെ ഇത്രയൊക്കെ ശ്രമിച്ചു എനിക്കവിടുത്തെ അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നിൽ കനിയണേ എന്നിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അതാ കുന്തി എന്താ ചെയ്തത് ഇത്രയൊക്കെ ആയിട്ടും കൃഷ്ണ പരമഹംസാനം മുനീനാമാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയ വലിയ വലിയ ആളുകൾക്ക് പോലും അവിടുത്തെ അറിയില്ലല്ലോ പിന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിടുത്തെ അറിയാൻ കഴിയില്ലല്ലോ എന്ന നിസ്സഹായത ഇതിനാണ് രാമാനുജനെ പോലുള്ള ആളുകൾ പ്രപത്തിയോഗം എന്നാണ് പറയുക പ്രപത്തിയോഗം ഈ പ്രപൃത്തിയോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണാൻ വേണ്ടി ശ്രമിക്കലാണ് പക്ഷേ ശ്രമം കൊണ്ട് ഈശ്വരനെ കിട്ടില്ല ഈശ്വരൻ്റെ കാരുണ്യം വേണം ശ്രമിച്ചിട്ട് ഭഗവാനെ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് അവിടുത്തെ അറിയാൻ കഴിയുന്നോ കാരുണ്യം വേണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പം ഈശ്വരൻ മുമ്പ് വരും അതാണ് നമ്രാണാം സന്നിധത്തെ സതതമ വിപുലസ്ഥ അനഭ്യത്യാത്ര മേപ്പത്തൂരിൻ്റെ നാരായണ നമ്രാണാം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഭക്തന് പ്രയത്നിക്കണം അർത്ഥം ഭക്തരൻ പ്രയത്നിച്ചാൽ തയ്യൽ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജശ്രം വിതരുതി ഭക്തനൊന്ന് ഒരിടി മുമ്പോട്ട് വെച്ചാൽ ഭഗവാൻ രണ്ടടി ഇങ്ങോട്ട് വെക്കും ഭക്തൻ അനങ്ങാതിരുന്നാലോ അനങ്ങാതിരുന്നാൽ ഭഗവാനോട് ഇരിക്കും അതുപോല അപ്പോൾ നമ്മുടെ ഭാഗത്ത് ശ്രമം വേണം പക്ഷേ നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമായില്ല ഗുരുഭൂതന്മാരുടെയും ഈശ്വരൻ്റെയും ഒക്കെ അരികിലും വേണം ഇതാണ് ഭാഗപടത്തിലെ ഭക്തി അതൊരു പണിയെടുക്കില്ല രാവിലെ വന്നു എഴുതും ഇന്നത്തെ കോട്ട കഴിഞ്ഞു അങ്ങനല്ല ഭാഗവത ഭക്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിനൊരു സംസ്കാരമായി മാറണം മനസ്സിൻ്റെ സംസ്കാരമാണെങ്കിൽ നിരന്തരമായ അഭ്യാസം ഉണ്ടാകാൻ രാവിലെ ഒരു അരമണിക്കൂർ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടിറങ്ങി എന്ത് കാണിക്കും എന്തും പറയും പിന്നെ നാളെ ഞാൻ പത്തുന്ന ആളം ജപിച്ചുമായി ഭക്തി എന്നാണ് ഭാഗവതം എന്ന് അതാണ് കുന്തി ദേവിയുടെ ഭക്തിയും ഉദ്ധവൻ്റെ ഭക്തിയും ഗോപസ്ത്രീകളുടെ ഭക്തിയുമൊക്കെ കാണിക്കാൻ നിരന്തരമായ മനസ്സംസ്കാരമാണ് ഭക്തി ഈശ്വരനെ മനസ്സിൽ കൊണ്ടു നടക്കണം അതാണ് യഥാർത്ഥമായ ഭക്തി ബ്രഹ്മാവൻ അങ്ങനെ ഒരു ഭക്തനായിരുന്നു അതാണ് ബ്രഹ്മാവ് ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല അപ്പോൾ ഭഗവത് കാരുണ്യം കൊണ്ട് ബ്രഹ്മാവിന് തോന്നി തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നാരോ പറയുന്നതായിട്ട് തോന്നി അപ്പോൾ ബ്രഹ്മാവന് ബുദ്ധിയുദിച്ചു അദ്ദേഹം മനസ്സിനെ ഏകാഗ്രമാക്കി ചിത്രവൃത്തികളെ നിരോധിച്ചു എന്നിട്ട് അതികഠിനമായ തപസ് ആ തപസ്സിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെ മിസ്റ്റിക് വിഷൻ എന്ന് പറയാം ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ മിസ്റ്റിക് വിഷണെന്നു അല്ലെ ഭക്തന്മാരുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ വൈകുണ്ഠ ദരിശനം തന്നെ ഉണ്ടായി അദ്ദേഹം ബ്രഹ്മാവത്തിൽ പറഞ്ഞു അഗ്രേ പശ്യാമി തേജോതിലായ വലി ലോഭനീയം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു എന്താ വൈകുണ്ഠം അങ്ങനെ തന്നെ കണ്ടു എത്ര മനോഹരമായ ലോകം അവിടേക്ക് മായയില്ല ഒന്ന് പരമഭക്തന്മാരുടെ പരമജ്ഞാനികളുടെ ലോകം വൈകുണ്ഠം വൈകുണ്ഠമൂർത്തി വൈകുണ്ഠമൂർത്തിയെ ഉപാസിക്കുന്ന സാക്ഷാ ലക്ഷ്മി ദേവി പരമഭക്തന്മാരെ എവിടെയും ഹരികഥ പാടുന്ന ഭക്തന്മാരോ മാത്രം ഇങ്ങനെ ആ ലോകം കണ്ടപ്പോൾ ബ്രഹ്മാവ് എല്ലാവല്ലാം മറന്നു തന്നെ തന്നെ മറന്നു തൻ്റെ മുമ്പിൽ ആഗതനായ വൈകുണ്ഠമൂത്തേത്ര പാദങ്ങൾ നമസ്കരിച്ചു വീടുകൾ നമസ്കരിച്ചു ഭഗവാൻ സന്തോഷത്തോട് പറഞ്ഞു ബ്രഹ്മാവേ തപസ് കേമായി എനിക്ക് വളരെ ഇഷ്ടമായി നമ്രാണാം സന്നിഹത്ത് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഭഗവാൻ വെറുതെ എന്നല്ല ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് തന്നെ വന്നത് ഭക്തൻ ശ്രമിക്കാതെ ഭഗവാൻ വരില്ല നമ്രാണാം സന്നിഹത്ത് അപ്പോഴാണ് ബ്രഹ്മാവന് ഈ വൈകുണ്ഠം കണ്ടു പറഞ്ഞു എന്നെ സൃഷ്ടിച്ചതിൻ്റെ അടിയിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇരിക്കുന്ന ഒരു താമരയാണ് വന്നത് ഈ താമര എവിടെ നിന്ന് തോന്നുന്നു എന്ന് അറിയാനാണ് ശ്രമിച്ചത് എൻ്റെ മൂലം ഈ താമരയായിട്ടെന്തിനാണ് സങ്കല്പം അതിനുവേണ്ടി നിശ്ചയത്തുണ്ട് ഇന്ന് ഈ ബ്രഹ്മാവ് താമരയിലുണ്ടായി എന്ന് പറഞ്ഞു പറയുമോ ഇനി സൃഷ്ടിക്കാൻ പോകുന്ന ലോകങ്ങളുടെയൊക്കെ ഒരു മാതൃകയാണ് ഈ താമര ഹൃദയത്തെ തന്നെ താമരയായിട്ടാ സങ്കല്പിക്കുക ധ്യാനയോഗം പറയുമ്പോൾ പറയും താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന താമരയേറ്റ ഹൃദയത്തെ സങ്കല്പിക്കണം എന്നിട്ട് അതിനെ സങ്കല്പം മേലോട്ട് പുലർത്തണം ഇതാണ് സങ്കല്പ ധ്യാനയോഗത്തിൻ്റെ ആദ്യത്തെ പടി അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിയുടെ ലോകത്തിൻ്റെ ഒരു മാതൃക ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ താമര അപ്പൊ താമര കാണുമ്പോ ഭഗവാനെ ഓർക്കണം അതുകൊണ്ടാണ് നവ പങ്കജനാഭായ നവ പങ്കജമാലിനെ ഇന്ന് കുന്തി ദേവി എല്ലാം എല്ലാം താമരവുമായിട്ട് ബന്ധിപ്പിച്ച ഒരു ശ്രുതിയില്ലേ ഭഗവാനെ കുന്തി ശ്രുതില് എന്ത് താമരപ്പൂവുമായിട്ട് ബന്ധം താമര എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണെന്നർത്ഥം അപ്പോൾ പ്രപഞ്ചം കാണുമ്പോൾ ഭഗവാനെ ഓർക്കണം പ്രപഞ്ച സംവിധാനം കാണുമ്പോൾ ഭഗവാനെ ഓർക്കണം അപ്പം താമരയും പ്രപഞ്ചവുമായിട്ട് ബന്ധമുണ്ട് അതാണ് താമര കണ്ണൻ താമരക്കാരുള്ളവൻ താമരമുഖം എന്നീ കുന്തിദേവി താമര താമര എന്ന് ആവർത്തിച്ചത് വ്യാസന് വേറെ പദം കിട്ടാൻ ഒന്നുമല്ല അർത്ഥം ഇതാണ് ഒരു ഐഡൻറിഫിക്കേഷൻ താമര കണ്ട അപ്പോൾ ഭഗവാനെ വെക്കണം പ്രപഞ്ചം കണ്ടാൽ ഭഗവാനെ വെക്കണം ഇതിനാണ് ഈ താസ്തുതി താല്പര്യം ഇങ്ങനെ അതാണ് താമരയിൽ വന്നെന്ന് പറഞ്ഞാൽ താല്പര്യാർത്ഥം തുടിച്ചു എന്താണാവോ അടിയന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഒന്നും വേണ്ട അങ്ങ് പൂർവ്വകാലത്ത് ചെയ്തതുപോലെ സൃഷ്ടികർമ്മം നടത്തണം ഈ ഭഗവാൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് പറഞ്ഞാലും അതിന് രണ്ട് രൂപം അല്ല കേട്ടോ ഭഗവാൻ രണ്ട് മൂന്ന് രൂപങ്ങളുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുക ഒന്ന് സ്വയം രൂപം മറ്റത് ആവേശരൂപം ഇങ്ങനെ പല രൂപങ്ങളുണ്ട് അതിൽ ബ്രഹ്മാവൊക്കെ ഒരാവേശ രൂപം വന്നോ കലാവേശം വന്നോ എന്ന് പറഞ്ഞാലും വിരോധമല്ല സ്വയം രൂപം ശ്രീകൃഷ്ണൻ മറ്റുള്ളവരൊക്കെ ഓരോരോ പ്രവൃത്തിക്ക് താൻ തന്നെ അതായി തീർന്ന ആളുകളാണ് എന്നാലും വ്യത്യാസമുണ്ടാവും ശുദ്ധമായ ബോധമാണ് ഈശ്വരൻ നമ്മളും ആ ബോധം തന്നെയാണ് ഒരു വ്യത്യാസം പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ ബോധത്തിൽ സങ്കല്പങ്ങളുണ്ട് സങ്കല്പവികൽപ്പങ്ങൾ വരുമ്പോൾ ഞാൻ ആരാണെന്ന് നമ്മൾ മറക്കുക സങ്കല്പവികൽപ്പങ്ങളങ്ങോട്ട് പോയാലോ സങ്കല്പ വികൽപ്പങ്ങൾ പോയാൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ് ആ ഭാവം വരിക ഇപ്പം എങ്ങനെ ഈ ബോധമാണേ പിന്നിൽ എന്താ തെളിവ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരും ഞാനിങ്ങനെ കാണുക അപ്പം നിങ്ങളെന്നുള്ള ഒരു സങ്കല്പം വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണുക ഈ സങ്കല്പം ഇല്ലെങ്കിൽ നിങ്ങളെ കാണില്ല എൻ്റെ മുമ്പിൽ ഒരു കലം ഇരിക്കുന്നു അത് കലം എന്നുള്ള ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് അത് കലമാണെന്ന് ഞാൻ പറയും ആ സ അതെവിടുന്ന് വന്നു എൻ്റെ സങ്കല്പത്തിൽ നിന്നാ വന്നത് സങ്കല്പം പോയാലോ സങ്കല്പം പോയാൽ ഇവിടെ കലവും ഇല്ല കുടവും ഇല്ല ഒന്നുമില്ല എന്തുണ്ട് ബോധം മാത്രം ഞാൻ മാത്രം ഭഗവാൻ ഉപദേശിക്കുന്നതാ അഹമേവാസമേ വേ രമാവേ സംശയിക്കേണ്ട ആവശ്യമില്ല ആംഗ്ലേക്കിപ്പോൾ സൃഷ്ടിക്കാനൊരു മടിയുണ്ടല്ലേ സൃഷ്ടി തുടങ്ങിയാൽ ആ സൃഷ്ടി താൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളുമായിട്ട് തനിക്ക് വൈകാരികമായൊരു ബന്ധം വരില്ലേ അത് മമതയല്ലേ അത് സുഖദുഃഖങ്ങൾക്ക് കാരണമല്ലേ ഇതല്ലേ അങ്ങ് ചിന്തിക്കുന്നത് ഈ സുഖതുക്കൾ കാരണം ഞാനാണിത് ചെയ്യുന്നത് എന്ന് ബോധം വരുമ്പോൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് ഞാനാണെന്ന് തോന്നുക അഹം അമ എന്നുള്ളത് ഇത് എൻ്റേതാണ് ഞാനാണിത് ചെയ്യുന്നത് എന്ന ഭാവം വരുമ്പോഴാണ് സുഖ ദുഃഖങ്ങളൊക്കെ നേരെ വിളിച്ചത് ഇതൊന്നും എൻ്റേതല്ല എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നു സുഖമായതും ദുഃഖമായതും എനിക്കിതിൽ ഒരു പങ്കുമില്ല ഇതിൻ്റെ ക്രെഡിറ്റും എനിക്ക് വേണ്ട എൻ്റെ ഡിസ്ക്രെഡിറ്റും എനിക്ക് വേണ്ട എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാനൊക്കെ ചെയ്തു വേഷമെനിക്കെന്തെന്ന് വിധിപ്പതു വിഭൂഭവചിത്തം ഈ സമീപനം മതി കൽപ്പിച്ചു ഞാൻ ചെയ്തു അപ്പോൾ ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന് അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രയോജനമോ നിഷ്പ്രയോജനമോ സുഖമോ ദുഃഖമോ അവനവനെ ബാധിക്കില്ല ഇതൊക്കെ എൻ്റെതാണെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ഈ ലോകത്തിൽ ഒരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ അത് ഏകവും അദ്വയവും അഖണ്ഡവും അപരിച്ഛിന്നവുമായ ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ പേരാണ് ബോധം പ്രജ്ഞാനം ബ്രഹ്മ ഉപനിഷത്ത് പറയും പ്രജ്ഞാനം ബ്രഹ്മ ആ ബോധത്തിൽ സങ്കല്പവികല്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനതല്ലാതെ ഞാൻ ധരിക്കുക എൻ്റെ സങ്കല്പ വികൽപ്പങ്ങളും തെറ്റിദ്ധാരണയും ഒക്കെ മാറുമ്പോൾ മാറുമ്പോൾ എന്താ ശേഷിക്കുന്നത് ഞാൻ മാത്രമേ ശേഷിക്കൂ മൂന്ന് കാലത്തിലും ഒരൊറ്റ സത്യമേ നമുക്കുള്ളൂ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ദാ നല്ല ഉറക്കത്തിലും ഒരൊറ്റ സത്യമുള്ളൂ ഉണന്നിരിക്കുമ്പോൾ ഈ ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു തോന്നൽ ഞാൻ എന്റെയും ഞാൻ വർത്തമാനം പറയുന്നുണ്ട് അപ്പം ഞാൻ അവശേഷിക്കുന്നുണ്ട് സ്വപ്നം കാണുന്നത് ഈ ഞാൻ തന്നെ ഉണന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത് എന്നിലാണ് എന്നെ സ്വപ്നം കാണുന്ന അവസ്ഥയിലെ മാനസിക അവസ്ഥയിൽ സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഈ പ്രപഞ്ചം കണ്ടു ഞാൻ അതിലേക്കണ്ടു ഞാൻ ഇവിടെ പോയി ഞാനൊക്കെ പോയി ഉറങ്ങിക്കഴിഞ്ഞാലോ ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്നും അറിയുന്നില്ല പക്ഷേ ഉണന്ന് കഴിയുമ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാറില്ലേ അപ്പം ഞാനുണ്ടവിടെ അപ്പം ഈ ഞാന് അല്ലെങ്കിൽ ബോധമാണ് മൂന്ന് കാലത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ ബാക്കി പോ അപ്പോൾ ഞാൻ തന്നെയാണത് എന്ന ബോധമുണ്ടാവലാണ് ആത്മജ്ഞാനം അത് പരമഭക്തന്മാർക്ക് ആ ജ്ഞാനമുണ്ട് കൃഷ്ണനെ അല്ലാതെ ഒന്നും കാണില്ല വേദാന്തികൾക്ക് ആ ജ്ഞാനമുണ്ട് യോഗികൾക്ക് ആ ധ്യാനമുണ്ട് ഏത് പദത്തിൽ കൂടി പോയാലും ശരി ആ അവിടെ തന്നെ എത്തണം അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല അത് അത്ര എളുപ്പമൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല സാറില്ല ശ്രമിക്കണം ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ എളുപ്പം സാധിക്കാം ജൂനദുർഭമത പു വിപ്രദ തസ്മാ പാര